പിന്നീട് അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു അത് പുകയായിരുന്നു അവൻ അതിനോടും ഭൂമിയോടും പറഞ്ഞു നിങ്ങൾ സ്വമനസാലയോ അല്ലെങ്കിൽ നിർബന്ധിതമായും വരൂ രണ്ടും പറഞ്ഞു ഞങ്ങൾ അനുസരണയോടെ വന്നിരിക്കുന്നു